അധ്യായം ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബലയാം കണ്ടപ്പോൾ അവൻ മുമ്പലത്തെപ്പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു ബലയാം തല ഉയർത്തി ഇസ്രയേൽ ഗോത്രം ഗോത്രമായി പാർക്കുന്നത് കണ്ടു ദൈവത്തിന്റെ ആത്മാവ് അവന്റെ വന്നു അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത് ബെയോരിന്റെ മകനായ ബിലയാം പറയുന്നു കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത് യാക്കോബെ നിന്റെ കൂടാരങ്ങൾ ഇസ്രയേലിൽ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷങ്ങൾ പോലെ ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു അവന്റെ വിത്തിന് വെള്ളം ധാരാളം അവന്റെ അരചൻ ആകാഗിലും ശ്രേഷ്ഠൻ അവന്റെ രാജത്വം ഉന്നതം തന്നെ ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട് ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു അസ്ത്രമെയ്ത് അവരെ തുളയ്ക്കുന്നു അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു ഒരു സിംഹി കണക്കെ തന്നെ ആറവനെ ഉണർത്തുന്നു നിന്നെ അനുഗ്രഹിക്കുന്നവനവൻ അനുഗ്രഹിക്കപ്പെട്ടവനവൻ നിന്നെ ശപിക്കുന്നവനവൻ ശപിക്കപ്പെട്ടവനവൻ അപ്പോൾ ബാലാക്കിന്റെ കോപ്പൊപ്പം ബിലയാമിന്റെ നേരെ ജോലിച്ചു അവൻ കൈഞ്ഞെരിച്ച് ബിലയാമിനോട് എന്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു നീയോ ഇവരെ ഈ മൂന്ന് പ്രാവശ്യവും ആശീർവദിക്കെത്ര ചെയ്തിരിക്കുന്നു ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോകാം നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു അതിന് ബാലാക്കിനോട് പറഞ്ഞത് ബാലാ തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല യഹോവാ അരുളി ചെയ്യുന്നത് മാത്രമേ ഞാൻ പറകയുള്ളൂ എന്ന് എന്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോടോട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇതാ ഞാൻ എന്റെ ജനത്തിന്റെ അടുക്കലേക്ക് പോകുന്നു വരിക ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട എന്തു ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം പിന്നെ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയതെന്നാ ബയോരിന്റെ മകൻ ബിലയാം പറയുന്നു കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവനവൻ അത്യുന്നതിന്റെ പരിജ്ഞാനം പ്രാപിച്ചവനവൻ സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവനവൻ വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവനവൻ പറയുന്നത് ഞാൻ അവനെ കാണു ഇപ്പോൾ അല്ല ഞാനവനെ ദർശിക്കും അടുത്തല്ല താനും യഹൂബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരിക്കും അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമുല പുത്രന്മാരെ ഒക്കെയും സംഹരിക്കുകയും ചെയ്യും ഏതോ ഒരു അധീന ശത്രുവായ സെയ്യീരും അധീന േലോ വീര്യം പ്രവർത്തിക്കും യാഹൂബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും ഒഴിഞ്ഞുപോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും അവൻ അമാലേക്കിനെ നോക്കി അമാലേക്ക് ജാതികളിൽ മുമ്പൻ അവന്റെ അവസാനമോ നാശമത്രേ അവൻ കെന്യരെ നോക്കി സുഭാഷിതം ചൊല്ലിയത് നിന്റെ നിവാസം ഉറപ്പുള്ളത് നിന്റെ കൂട് പാറയിൽ വെച്ചിരിക്കുന്നു എങ്കിലും കേന്യന് നിർമൂലനാശം ഭവിക്കും അശൂർ നിന്നെ പിടിച്ചുകൊണ്ടുപോകുവാൻ ഇനി എത്ര പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത് ഹ ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആർ ജീവിച്ചിരിക്കും കിത്തീം തീരത്ത് കപ്പലുകൾ വരും അവ അശൂരിനെ താഴ്ത്തി എബേരിനെയും താഴ്ത്തി അവനും നിർമൂലനാശം ഭവിക്കും അതിന്റെ ശേഷം ബലയാം പുറപ്പെട്ട് തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി ബാലാക്കും തന്റെ വഴിക്ക് പോയി